അല്ലാഹുവിൻറെ ദൂതൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നിങ്ങൾ അറിയുക പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വലിയ പ്രയാസത്തിലാകുമായിരുന്നു എന്നാൽ അല്ലാഹു സുബാനഭൂവ ചായാല ഈമാനിനെ വിശ്വാസത്തെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തു കുഫ്രിനെയും സത്യനിഷേധം അധർമ്മത്തെയും അനുസരണക്കേടിനെയും അവൻ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി അവരാകുന്നു നേർവഴിയിലുള്ളവർ